ീരാസംബ്യൂപേണഭുരുഷ സജേതി ജന് കീഡൻ രമമാണ ർവാനർവാ ജതിർവാ ന ഉപജനം സ്മരൻ ഇതം ശരീരം സഥ പ്രയുഗ്യാചരണേ യുക്വമേ അയം അസ്രേയുക്ന രുപേണ സമ്പ്രസാദോ അപ്പം ബോധാ തദ്ധി നിമിത്ത സർപ്പോകാശ്ജുവാത്മന സേന രുപേണവിനിഷ്പയേ സ ഉത്തുരുഷ ഉത്തുരുഷത്തക്ഷിസ്വനപരഷു വ്യക്ത ഒന്ന് അക്ഷിപുരുഷനായി സ്വപ്ന പുരുഷനായി സുപ്തപുരുഷനായി ഇവിടെ പറഞ്ഞു ഇനി തുര്യൻ ഈ മൂന്നിന്റെയും വാസ്തവ രൂപം അതാണ് തുര്യൻ എന്ന് പറഞ്ഞു അത് ഇത് മൂന്നും ജാഗ്രത് പുരുഷനും സ്വപ്ന പുരുഷനും സുപ്തപുരുഷനും തുര്യനാണെന്ന് അറിയണം അതെങ്ങനെയായിരിക്കും സേന സേന രൂപേണ സമ്പ്രസാദോ അഭിനഷ്പയതെ ആ തുല്യനാണ് ഇവിടെ സമ്പ്രസാദ് എന്ന് പറയുന്നത് അത് സ്വസ്വരൂപത്തിൽ ജീവൻ ജാഗ്രത സ്വസ്വരൂപത്തെ ചിന്തിക്കുകയാണ് ജാഗ്രത്തിൽ ദൃശ്യങ്ങൾ ഗ്രഹിക്കുന്നവനായി അറിയാൻ കഴിയുന്നുള്ളു ഭാഷകാരൻ ഈ വിശദമായി പറയും അതുകൊണ്ടാണ് ചാക്ഷുഷപുരുഷൻ ചക്ഷുപുരുഷൻ എന്നെല്ലാം പറയും അവിടെ സ്വയം തുല്യനായി അറിയാൻ കഴിയുന്നില്ല സ്വപ്നത്തിലാണെങ്കിൽ സ്വയം ജ്യോതിസാണെങ്കിലും താൻ തന്നെ സൃഷ്ടിച്ച ദൃശ്യങ്ങളോട് ചേർന്ന് അനുഭവപ്പെടുന്നത് സുഷത്തിനാണെങ്കിൽ അവ്യക്തത വൈദ്യുഷം എന്തായാലും പറഞ്ഞ നഷ്ടമായത് പോലെ ഒന്നും അറിയാത്തതുപോലെ ഇതിലെവിടെയാണ് ഈ തുലീയ ഭാവം ഏത് രൂപത്തിലാണ് സമ്പ്രസാദമി നിഷ്പത്തി ആ സമ്പ്രസാദാവം പ്രതിബോധാഭ്രാന്തി നിമിത്താ സർപ്പഭോതി യഥാരജ്ജു ബോധം സ്വരൂപബോധം ഉണ്ടാകുന്നതിന് മുമ്പ് അത് പുറമെയുള്ള ദൃഷ്ടാന്തത്തെ കാണിക്കുന്നു അന്ദ്ധത്തിന്റെ അദ്വൈത സിദ്ധാന്തത്തിന്റെ സവിശേഷത ഇതാണ് കേവലം ബോധം അതാണ് ബന്ധവും മോക്ഷവും എല്ലാം നിശ്ചയിക്കുന്നത് ജാഗ്രസ്വപ്നസ്തികളൊന്നും ഇതിനെ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഭ്രാന്തി ബോധം ജാഗ്രത സ്വപ്ന സുഷുതികളിലെല്ലാം ആ തുര്യൻ തന്നെ എന്നറിയുന്നത് ബോധം ഈ ബോധമാണ് തീരുമാനിക്കുന്നത് ഭ്രാന്തനാണോ അതേ ഭ്രാന്തിയിൽ നിന്ന് മുക്തനാണോ അതിന് ദൃഷ്ടാന്തം പറയുന്നത് സർപ്പോ പ്രാക് പ്രതിബോധ രജ്ജു സർപ്പോ ഭൗതി ആ കേവലം ഭ്രാന്തി കൊണ്ട് മാത്രം അല്ലവിടെ ഒന്നും സംഭവിക്കുന്നില്ല പരമാർത്ഥത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്താണോ അവിടെ സംഭവിച്ചത് സർപ്പബോധം അത് പരമാർത്ഥമുണ്ട് അത് സംഭവിച്ചത് എന്ന് പറയുന്നില്ല പക്ഷെ അത് സംഭവിച്ച പക്ഷെ പരമാർത്ഥബോധമുണ്ട് പശ്ചാത്തല പക്ഷെ വെളിച്ചം വന്നപ്പോ അല്ലെങ്കിൽ ആ ഭ്രാന്തി മാറിയപ്പോ രജ്വാത്മന സ്വേനുരൂപേണ അഭിനിഷ്പെ ആ സർപ്പം സ്വസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു തിരിയും തന്നെയാണ് ജാഗ്രസ്ത പുനഃസൃഷ്ടികളിൽ നാനാരൂപത്തിൽ അനുഭവ വിഷയമായത് ഇത് ഈ ഭ്രാന്തി ഉള്ളപ്പോ ഭ്രാന്തി മാറിയാലോ ഋജ്വാത്മനാ എങ്ങനെയാണോ സർപ്പം കയറി തന്നെ ുഭവപ്പെട്ടത് അതുപോലെ സ്വയം തന്നെ അനുഭവിക്കുന്നു അഭിനിഷ്പാന്തത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ദാഷ്ടാന്തികത്തിൽ പുരുഷ ഉത്തമ പുരുഷവും അതുപോലെയാണ് ഇവിടെ ഈ ഉത്തമപുരുഷൻ അതായത് തുര്യൻ സംഭവിക്കുന്ന ഇതാണ് ഉത്തമനായ പുരുഷൻ ഉത്തമപുരുഷൻ ആരാണ് ഈ ഉത്തമപുരുഷൻ അക്ഷി സ്വപ്ന പുരുഷവും വ്യക്തവും അതിൽ അക്ഷിപുരുഷനും സ്വപ്ന പുരുഷനും വളരെ വ്യക്തമാണ് ജാഗ്രതുള്ള പുരുഷൻ അക്ഷിപുരുഷൻ സ്വപ്നത്തിലുള്ളതും സ്വപ്ന പുരുഷൻ അത് വ്യക്തമാണ് അവ്യക്ത സുഷുപ്ത അവിടെ അവ്യക്തതയൊന്നുമില്ല ജാഗ്രത അറിയാൻ ആരാ കാണുന്നു ഞാൻ തന്നെ തന്നെ കുറിച്ച് അവ്യക്തതയില്ല ജാഗ്രതയിൽ ചിന്തിക്കുമ്പോൾ ഇനി ജാഗ്രതത്തിലിരുന്നോണ്ട് തന്നെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അവിടെയും യാതൊരു അവ്യക്തതയില്ല ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത് ഞാനവിടെ സർവത്തെയും അറിയുന്നവനായിരുന്നു ഇത് രണ്ടും വ്യക്തമാണ് ഇങ്ങനെ ജാഗ്രത മനനം ചെയ്യുമ്പോൾ വ്യക്തമാണ് പക്ഷെ ഉറക്കമോ അവ സുഷുപ്ത അവിടെ ഒരു അവ്യക്തതയുണ്ട് എന്താണ് അവിടെ ഒന്നും അറിഞ്ഞില്ല അവിടെ ദൃശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കാണാൻ ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് അവിടത്തെ അവ്യക്തത ഇവിടെ കാണാൻ ദൃശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടെ വ്യക്തമാണോ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ പറയും വിരളാണ് അതിനെ തന്നെ നമ്മൾ പറയും അവ്യക്തമാണോ എന്ന് പറയും ജാഗ്രത്തിനും സ്വപ്നത്തിനും വെളിച്ചമുണ്ട് വിഷയത്തിന്റെ വെളിച്ചം വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം അതുകൊണ്ട് ഇവിടെ വ്യക്തതയുണ്ട് സുഹൃത്തിയിൽ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമുണ്ട് ധനവിടെയുണ്ട് പക്ഷെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു അവ്യക്തത അതുകൊണ്ടാണല്ലോ പറയുന്നത് ഒന്നും പറഞ്ഞില്ല ബോധം കെട്ട് ഉറങ്ങി ബോധമില്ലാതെ ഉറങ്ങി ബോധമില്ലാതെ ഉറങ്ങി അതൊരാ ബോധം തന്നെ പക്ഷെ അത് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ബോധമായി തീർന്നില്ല വിഷയങ്ങളുടെ സത്തയായ ബോധമായില്ലോ അസ്ഥി അസ്ഥി എന്ന് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ സത്താരൂപത്തിലായില്ല മറിച്ച് കേവലാത്മ നിർവിശേഷാത്മ അങ്ങനെയുള്ള അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് അവ്യക്തമാണ് സമസ്തപ്ത സമസ്ത സംപ്രസന്ന ഇങ്ങനെ വിക്തവും അവ്യക്തവുമായിരിക്കുന്ന ഈ പുരുഷന്മാര് മൂന്നുപേരും ജാഗ്രത സ്വപ്നം സുഷുപ്ത പുരുഷന്മാർ മൂന്നുപേരും സമസ്ത സമ്പന്ന അശരീരൂപേണ ഈ മൂന്നവസ്ഥയിലും പറയൂ ജാഗ്രതത്തിനും ഈ സ്വപ്നത്തിനും ഈ സുഷുപ്തിയിലും അത് സമസ്തനായിരിക്കുന്നു പൂർണനായിരിക്കുന്നു സമ്പ്രസന്നനായിരിക്കുന്നു അവിടെ അജ്ഞാന മാലിന്യമൊന്നും കൂടാതെ അശരീരസ്ഥ ശരീരബന്ധമില്ലാതെ എന്താണ് സ്ഥൂല ശരീരമെന്നോ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരമെന്നോ അല്ലെങ്കിൽ കർണശരീരമെന്നോ ഇങ്ങനെയൊന്നും പറയാൻ വയ്യ സ്വരൂപത്തിൽ ശരീരം ഇതിനു വേണ്ടിയിട്ടാണ് നേരത്തെ രജ്ജ സർപ്പത്തിന്റെ ഉദാഹരണം പറഞ്ഞത് അവിടെ കൊണ്ട് സർപ്പ ഉണ്ടായി ആ പ്രതീതി ഉണ്ടായിരുന്നപ്പോഴും അവിടെ രജ്ജ മാത്രമേ ഉള്ളൂ പക്ഷെ ഉണ്ടായി അപ്രതീതി നശിച്ചാലും ലജ്ജ് മാത്രമേ ഉള്ളൂ അതുപോലെ ജാഗ്ര സ്വപ്ന സുഷത്വ പ്രതീതികൾ ഉണ്ടാകുമ്പോഴും തുര്യൻ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് പ്രതീതിക്കും അപ്പുറമല്ല ഈ മൂന്ന് പ്രതീതിക്കും ആധാരമായിട്ട് സർപ്പത്തിന്റെ മുകളിൽ ഒരു രജ്ജു ഇല്ല അതിനെന്താണ് സർപ്പത്തിന് ആധാരമായിട്ടാണ് രജ്ജു സർപ്പത്തെ പ്രകാശിപ്പിച്ചതാണ് രജ്ജു രജ്ജു വച്ച കയറും അതുപോലെ ജാഗ്രസ്വപ്ന സുഷുപ്ത പുരുഷന്മാരെ ഓരോന്നിനും വേർതിരിച്ചറിയുന്നു ഞാൻ ഉണ്ടെന്നിരിക്കുന്നവൻ അങ്ങനെ വേർതിരിച്ചറിയുന്നു ഞാൻ സ്വപ്നം കാണുന്നവൻ വേർതിരിക്കുന്നു ഞാൻ ഉറങ്ങിയവൻ ഈ മൂന്ന് പേരെയും പ്രകാശിപ്പിക്കുന്നവൻ തുല്യൻ സമസ്ത അശരീര സ്വസേന രൂപേണ അശരീരനാണ് സ്വസ്വരൂപത്തിൽ ശരീരമുണ്ട് ആ ജാഗ്രത പുരുഷന് ശരീരമുണ്ട് ചാക്ഷുഷപുരുഷന് ശരീരമുണ്ടെന്ന് അവിടെ ഈ ശരീരത്തെ അഭിമാനിക്കുന്നു ഈ കർണങ്ങളിൽ അഭിമാനിക്കുന്നു എന്നിട്ട് ഞാനിതാ കാണുന്നു കേൾക്കുന്നു മുണക്കുന്നു രുചിക്കുന്നു അഭിമാനം കൊണ്ടുണ്ടാവുന്നു സ്വപ്നത്തിനും അതൊക്കെ തൻ ജാഗ്രത്തിൽ ഒന്ന് നിർവ് സുഷുതിയിലൊന്ന് നിർവചിക്കാൻ പക്ഷെ മൂന്നവസ്ഥയിലും അദ്വീതത്തെ സംബന്ധിച്ച് ആത്മതത്വത്തെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ ഈ മൂന്നവസ്ഥയ്ക്ക് ഒരേ സ്ഥാനം തന്നെ ജാഗ്രത്തിനും സ്വപ്നത്തിനും ഈ മൂന്നവസ്ഥക്കും ആധാരമായിരിക്കുന്ന ഒരോ ഒരേ വസ്തുത മറ്റെന്തൊക്കെ അവസ്ഥകൾ പറഞ്ഞാലും അത് ഈ മൂന്നിൽ അന്തർഭവിച്ചിരിക്കും ജാഗ്രസ്വപ്ന സുശക്തികൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് യേശാം യേശുരൂപേണ അവസ്ഥിത യേശാം ഇവയിൽ ഇവ ഏവയും ഈ ജാഗ്രത സ്വപ്ന സുഷു അല്ലെങ്കിൽ അക്ഷിപുരുഷൻ സ്വപ്നപുരുഷൻ സുഷൃത്വ പുരുഷൻ ഈ മൂന്ന് പേരിലും സേനരൂപേണ അവസ്ഥിത സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അതാണ് ഉത്തമ അതാണ് തുരിയൻ എന്ന് പറയുന്നു കാരണം ഇവിടെ ഉത്തമപുരുഷൻ എന്നെടുത്ത് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നു ഈ ജാഗ്രസ്വപ്പിന സൃഷ്ടികളെന്നല്ല അപ്പുറമായിട്ട് ഈ ജാഗ്രത സ്വപ്പിന സൃഷ്ടിക്കളൊന്നും ഇല്ലാത്ത ഒന്നും വേറെ ഒരു തലത്തിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് പറയുന്നത് ഏഷാം ഏഷ ഇവയിൽ ഈ അവ്യക്ത രൂപങ്ങളിൽ ഏഷ ഈ ഉത്തമപുരുഷൻ സിവനൊരു വീണാസ സ്വരൂപത്തിൽ അവസ്ഥിത അദ്വൈതത്തെ സംബന്ധിച്ച് വരുന്ന വലിയൊരു സംബന്ധിച്ചുള്ള തെരുദ്ധാരണ ഇവിടെ മാറ്റുകയാണ് വ്യക്തമാക്കുകയാണ്ക്ഷര വ്യാകൃത അപേക്ഷ ഉത്തമ പുരുഷൻ എന്തിനാ ഉത്തമനെന്ന് പറഞ്ഞു ഈ മൂന്നേ ഉള്ളൂ പിന്നെന്തിനാ തുര്യൻ എന്ന് പറയുന്നു നാലാമത്തെന്ന് പറയുന്നു സാറിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ മൂന്ന് പുരുഷനെ ഉള്ളുങ്കിൽ പിന്നെ ഏതാ ഈ ഉത്തമ പുരുഷനെന്ന് വേർതിരിച്ച് പറയുന്നു അങ്ങനെ പറയുന്നുണ്ട് വേറെന്നുണ്ടെന്ന് വരുമല്ലോ ഇല്ല ഈ മൂന്ന് പുരുഷന്മാരിലും അല്ലെങ്കിൽ ഈ മൂന്ന് പുരുഷന്മാരുടെയും സ്വരൂപമായിരിക്കുന്ന ഏതോ എന്നാലും ഉത്തമനെന്നോ തുരിയനെന്നോ പറയേണ്ടി വരുന്നു എന്തുകൊണ്ട് അക്ഷരാക്ഷര വ്യാകൃത വ്യാകൃത അപേക്ഷയ ഇവിടെ തത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിരുപാധികമായി ചർച്ച ചെയ്യാൻ പറ്റത്തില്ല എന്തിനെങ്കിലുമൊക്കെ അവലംബിക്കണം ദ്വൈത ഭാഷയെ സ്വീകരിച്ചേ പറ്റും അദ്വൈതത്തിന് ഭാഷയില്ല അതിന് അതിനെപ്പറയാൻ വേണ്ടി ഒരു ഭാഷയില്ല ഭേദമുള്ളടത്ത് ഭാഷ വരും ഇവിടെ മൂന്ന് രൂപങ്ങൾ ഉണ്ട് വ്യക്തമായ രണ്ട് രൂപങ്ങൾ ജാഗ്രത സ്വപ്നങ്ങൾ അവ്യക്തമായ സുശുദ്ധി ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് ഭാവങ്ങളും അനുഭവപ്പെടുന്നു ഇവയിൽ ഇവയെ അപേക്ഷിച്ച് പറയാം നാലാമത്തത് എന്ന് പറയാം വ്യക്ത അവ്യക്തങ്ങളെ അപേക്ഷിച്ച് നാലാമത്തത് നിങ്ങൾ ഉത്തമ എന്നെല്ലാം പറയാം ർവാണി ഭൂത ഉച്ച ഉത്തമ പുരുഷസ് പരമാത്മദാഹൃതോകരുഷോത്ത ഗീതയിലും പറഞ്ഞു അത് അവിടെ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഭാഷകാരൻ അവിടെ വേറൊരു തരത്തിലാണ് വിശദീകരിച്ചത് ഇങ്ങനെയല്ല അക്ഷര സർവാണി ഭൂ ഭൂതാനി കൂടസ്ഥ അക്ഷര അവിടെ മായ എന്ന് വ്യാഖ്യാനിച്ചു ഉത്തമ പുരുഷൻ പരമാത്മാവ് ക്ഷേത്രജ്ഞം ചാഭിമാം വിധി സർവക്ഷേത്രേഷു ഭാരത എന്ന് പറഞ്ഞ സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന താൻ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞു ഇവിടെ അക്ഷരം അക്ഷരം ഇവിടെ വ്യാകൃതം അവ്യാകൃതം എന്ന് പറഞ്ഞു വ്യാകൃതം ജാഗ്രത സ്വപ്നങ്ങൾ അവ്യാകൃതം സുശക്തി വ്യാകൃതം എന്ന് പ്രകടമാകാത്തത് അവിടെ ഒന്നും പ്രകടമാകുന്നില്ല ദൃശ്യം പ്രകടമായാൽ അത് വ്യാകൃതമായി എന്തെങ്കിലും കാണാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ ഉണ്ടെങ്കിൽ വ്യാകൃതമായി അതൊന്നുമില്ലെങ്കിൽ അവ്യാകൃതമായി പ്രകടമാകാത്തത് രൂപം സൃഷ്ടിയാകാണല്ലോ അവ്യാകൃതമാണ് അവിടെ അങ്ങനെ പറഞ്ഞു എന്നാലിവിടെ സൂചിപ്പിക്കുന്നു കൃത നിർവചനം ഹേയം ഗീതാസ് ശങ്കരാചാര്യന്റെ വ്യാഖ്യാനത്ത് നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്തതാണ് ബ്രഹ്മനുജനും മാധവനും ഒക്കെ വളരെ നിശിതമായി ശങ്കരാചാര്യരെ വിമർശിച്ച ഭാഗമാണത് യസ്മാരമീതോഹം അക്ഷരാധിച്ചും അക്ഷരത്തിനും അതീതനായിരിക്കുന്നോണ്ടാണ് ഉത്തമൻ അതുകൊണ്ട് പുരുഷോത്തമ പ്രതിഥ അതുകൊണ്ട് ഞാൻ പുരുഷോത്തമൻ എന്ന് പ്രതിഥനായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അദ്വൈതത്തെ നിഷേധിക്കുന്നതിനായിട്ടാണ് അവരതൊക്കെ ഉപയോഗിച്ചത് അതുപോട്ടെ ഇവിടെ ഇപ്പോൾ ഭക്ഷ്യകാരൻ അവിടെ വ്യാഖ്യാനിച്ചതുപോലെയല്ല ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്ന കാരണം അവിടെ അവ്യാകൃതം അക്ഷരം കൂടസ്ഥൻ എന്നുള്ളതിലൂടെ സുഷുപ്തൻ എന്നെടുത്തു അവിടെ മായങ്ങൾ എന്നുവെച്ചാൽ ഓരോ ഒരു കാര്യം ഒരു തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണമെന്നുണ്ട് തത്വത്തിൽ ഭേദം വരാതിരുന്നാൽ മതി വ്യാഖ്യാനത്തിൽ ഭേദം വരാം അതിനുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇനി ചർച്ച ചെയ്ത് എങ്ങനെ തന്നെ ആയിക്കോട്ടണമെന്ന് അന്ന് പറഞ്ഞെന്താ മാറ്റി പറഞ്ഞത് മാറ്റി പറയാം സ്വാതന്ത്ര്യമുണ്ട് അതാണ് നാനാപ്രക്രിയകൾ ഈ ശാസ്ത്രത്തിനുണ്ടായ പക്ഷെ തത്വ ഭേദം വരാൻ പാടില്ല എന്നോ അർത്ഥത്തിൽ ഭേദം വരാൻ പാടില്ല സദ് തദ്വ എന്നുതന്നെ ആയിരിക്കും അദ്വൈതത്തിന് വിരോധം വരാൻ പാടില്ല അതുകൊണ്ട് ഭാഷകാരൻ ഉപനിഷത്ത് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുകയും അതേ മന്ത്രങ്ങളെ തന്നെ ബ്രഹ്മസൂത്രത്തിൽ വേറൊരുതരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് പല മന്ത്രങ്ങളെ അങ്ങനെയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം ഈ അദ്വൈതത്തിൽ വിട്ടിട്ടില്ല അദ്വൈതത്തിൽ നിന്നുകൊണ്ട് പറയുന്നുീതം സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എവിടെ തുലിയൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ഈ ജാഗ്ര സ്വപ്ന സുശക്തികളിൽ അദ്വൈതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് സ്വസമ്പ്രദസേനുരൂപീണ തത്വ സ്വാത്മനി സ്വസ്വരൂപത്തിൽ സ്വസ്ഥതയ സ്വസ്മിൻ സ്ഥിതനായി എന്ന് എന്താ ഇതൊക്കെ എടുത്തു പറയുന്നത് കാരണം ജാഗ്രത്തിന് നമ്മൾ അക്ഷപുരുഷനായിട്ടല്ലേ ഇരിക്കുന്നു കണ്ടും കേട്ടും മണത്തും രുചിച്ചു നോക്കിയിരിക്കുകയാണ് അവിടെ സ്വസ്ഥനെന്ന് പറയാൻ വയ്യ വ്യവഹാരത്തിൽപ്പെട്ടിരിക്കുകയാണ് സ്വപ്നത്തിനും അതുപോലെ തന്നെ സ്വയം ജ്യോതിസായിട്ട് കൂടി വ്യവഹാരത്തിലേർപ്പെട്ടു സുഹൃത്തിയിലാണെങ്കിലോ നിർവിശേഷനായിരിക്കുന്നു നിർവികൽപ്പനായിരിക്കുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം ജാഗ്രതയിലിരുന്നു കൊണ്ട് ജാഗ്രതത്തിൽ ഒരുപാട് ആരോപിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം ആരോപിക്കുന്നു ജാഗ്രതയിലിരുന്നു കൊണ്ടാണ് സ്വപ്നത്തെ ആരോപിക്കുന്നത് ജാഗ്രതയിലിരുന്നു കൊണ്ട് സുഷൃപ്തിയിൽ ആരോപിക്കുന്ന അവ്യക്തത അജ്ഞാനം തുടങ്ങിയ കാര്യങ്ങൾ ആനന്ദം ഇതെല്ലാം ജാഗ്രതല ആരോപങ്ങളാണ് സ്വപ്ന സുഷൃക്തികളല്ല എന്താ ആർക്കെങ്കിലും ഉറക്കത്തിൽ ചർച്ച ചെയ്യാമോ സ്വപ്നത്തിൽ ചർച്ച ചെയ്യാമോ ഇല്ല പക്ഷെ അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വസ്ഥനായിരിക്കുന്നു സർവാത്മഭൂതനായിരിക്കുന്നു സ്ഥിതി ചെയ്യുന്നു സർവസ്വരൂപനായിരിക്കുന്നു അത് വിവാനെ കുറിച്ച് പറയുന്നു അത് വിദ്വാന്റെ അനുഭവമാണ് സർവാത്മഭാവത്തിലിരിക്കുന്ന പറയുന്നു വിദ്വാന്റെ അറിവ് എന്ന് പറയുന്നു അനുഭവം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ തെറ്റിദ്ധരിക്കും അനുഭവം എന്ന് പറഞ്ഞാൽ ലൗകികമായ അറിവ് പോലെയുള്ള അറിവെന്നല്ല അനുഭവം നമ്മൾ പറഞ്ഞ വ്യവഹാര ഭാഷയിൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് ഒരു വിഷയമായിട്ട് അറിയാവുന്നതാണ് സർവാത്മഭാവം എന്ന് പറയുന്നിടത്ത് അനുഭവം എന്ന് പറയുന്ന വിഷയമായി അറിയുന്നതിനെ കുറിച്ചല്ല പറയുന്നത് തത്വബോധത്തെ പറയാണ് ഇന്ദ്രാധ്യാത്മന ജൻ ഹസൻ ബഷൻ ഭക്ഷ്യാൻ ഉച്ചാത്താൻ വച്ചാൻ ഈപ്സിൻ ഇനി സ്വർഗത്തിലെ കാര്യം പറയുന്നു അവിടെ കൊച്ചുത്തെന്ന് പറയുന്ന അതാണോ സ്വർഗത്തിലും മറ്റും സ്വർഗത്തിലെ കാര്യം ആർക്കു വേണ്ടിട്ടാണ് പറയുന്നത് കർമ്മികളെ കുറിച്ച് പറയുന്നത് കർമ്മികളാണ് സ്വർഗത്ത് പോകുന്നത് ജ്യോതിഷവും മറ്റും ചെയ്യുന്നവര് സ്വർഗത്തിലെ ഇവിടെ ഇന്ദ്രാധ്യാത്മന ഇന്ദ്രൻ രൂപത്തിലോ അല്ലെങ്കിൽ ദേവന്മാരുടെ രൂപത്തിലോ ജക്ഷൻ അവിടെ കൃഗിടകളിൽ ഏർപ്പെടുന്നു ഹസൻ ചിരിക്കുന്നു ഭക്ഷയൻ അമൃതം മറ്റും ഇഷ്ടം പോലെ കുടിക്കുന്നു ഭക്ഷ്യാൻ എന്തൊക്കെയാണോ അവിടെ ഭക്ഷ്യങ്ങളായിരിക്കുന്നത് അതായത് ഭോഗ്യ വിഷയങ്ങളായി എന്തൊക്കെയുണ്ടോ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഉച്ചാവചാൻ നാനാ തരത്തിലുള്ള ഭോഗ്യ വിഷയങ്ങളെ നുഭവിച്ചുകൊണ്ട് ഈപ്ഷിതാൻ അതെന്നെ ഇവിടെ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവിടെ പോയത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കർമ്മം ചെയ്തത് ഇത് കർമ്മികൾ ഉപാസകന്മാരാണെങ്കിലോ കൊച്ചു മനോമാത്രേഹി സങ്കല്പാദേവ സമസ്തി ബ്രാഹ്മലൗകി വെ ഉപാസകന്മാർ അവർ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു കൊച്ചിത് മനോമാത്രൈഹി കേവല സങ്കല്പം കൊണ്ട് തന്നെ സങ്കല്പദേവ സമുത്തിദേഹി അവിടെ സങ്കല്പിച്ചാൽ മതി എനിക്ക് ഇന്നത് വേണമെന്ന് സങ്കല്പിച്ചാൽ അവിടെ കിട്ടും ബ്രഹ്മലോകത്തിപ്പോയുള്ള ഗുണം അതാണ് ഉപാസനയിലൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇച്ഛാഭൊന്നും വരത്തില്ല പോലെ മൊബൈൽ ഫോൺ വേണമെന്ന് സങ്കല്പിച്ചാ മതി അത് കൈവരും നഷ്ടബുദ്ധി വരത്തില്ല ദുഃഖം വരത്തില്ല നഷ്ടപ്പെട്ടു പോയല്ലോ മറ്റടത്ത് അങ്ങനല്ല സ്വർഗത്തിൽ അങ്ങനെയല്ല തന്റെ കർമ്മത്തിന്റെ പുണ്യത്തിന്റെ ഫലമായി നേരത്തെ അതിനെ അവിടെ ഉണ്ടാക്കി വെക്കണം താൻ ചെലുമ്പോ അതവിടെ കാണണം ഇതങ്ങനെയല്ല അവിടെ ചെന്ന് അവിടെ അങ്ങോട്ട് കയറിയതിന് ശേഷം അവിടെ നിന്നങ്ങ് വേറെ ഒരു ജോലി അപ്പൊ വരും പോകും അതാണ് സങ്കല്പ സമുദ്ധിതൈഹി എത്തിച്ചേരുന്ന പ്രാപിക്കുന്ന ബ്രാഹ്മലൗകിക ബ്രഹ്മലോക ബ്രഹ്മലോകത്തിലുള്ള ക്രീഡൻ അവിടെയും ആനന്ദിക്കുന്നു ഇവിടെ പറഞ്ഞു ഇപ്സ ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ സ്വർഗത്ത് പോയി സുഖം അനുഭവിക്കണം ബ്രഹ്മലോകത്ത് പോയി സുഖം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത്തരം ആഗ്രഹങ്ങളൊക്കെ വൈദികന്മാർക്കും ഉണ്ടാകത്തില്ലോ പാമ്പരന്മാർക്കൊന്നും ഉണ്ടാകത്തില്ല കാരണം അവർക്കതിൽ ആസ്തവിശ്വാസം ഉണ്ടാകത്തില്ല എന്ത് ബ്രഹ്മലോ എന്ത് സ്വർഗം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് നിഷേധിച്ചാൽ പിന്നെ അവിടെയുള്ള സുഖങ്ങളൊന്നും ആഗ്രഹമുണ്ടാകത്തില്ല പക്ഷെ ശ്രദ്ധാലുകളായ വൈദികന്മാർക്ക് ആഗ്രഹം ഉണ്ടാവും അവർ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു ആ വേദത്തിൽ ഇത്തരം ഫലങ്ങളെക്കുറിച്ച് പറയുന്നു ജ്യോതിഷ്ടോമാദികളുടെ ഫലം പ്രാണോപാസനയുടെ ഫലം ഇതെല്ലാം പറയുന്നു സ്വർഗത്തെക്കുറിച്ച് പറയുന്നു ബ്രഹ്മലോകത്തെ കുറിച്ച് പറയുന്നു അങ്ങനെയുള്ള ആസ്തികന്മാർക്ക് ഈപ്സുണ്ടാവും അവരിതെല്ലാം ചെയ്യും അവരനുഭവിക്കും കിരീടൻ സ്ത്രീയാദി ഭീരമമാണസ്റ്റ സ്ത്രീ ആദികളോടുകൂടി അവരാനന്ദിക്കുന്നു ഇവിടെ ഉപാസന പുരുഷനായതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നത് അന്ന് സ്ത്രീ ഉപാസന ചെയ്തിട്ട് അവിടെ പോയി പുരുഷനുമായി ആനന്ദിക്കുന്നു ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല പുരുഷൻ ഇവിടുന്ന് ഉപാസന ചെയ്തിട്ട് അവിടെ പോയി സ്ത്രീയുമായിട്ട് ആനന്ദിക്കുന്നുവെന്ന് എഴുതിയിട്ടുള്ളു അത് പുരുഷന്മാരായിരുന്നു ഇതിനൊക്കെ അധികാരികളായിരുന്നതുകൊണ്ടാണ് മുഖ്യമായിട്ട് മനസ്സ് മനസ്സായവ എല്ലാം മനസ്സുകൊണ്ട് പറഞ്ഞ ഉപജനം സ്മരൻ എന്നുള്ളതിനോട് ചേർക്കണം ഇവിടെ മന്ത്രത്തിൽ ഉപജനം സ്മരൻ ഉപജനം എന്നുള്ള ഭാഷകരം വ്യാഖ്യാനിക്കുന്നു സ്ത്രീ പുരുഷയോന ഉപജനം ഇതം ശരീരം ഉപജനം എന്നുവെച്ചാൽ ശരീരം ഉപജനം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതോ ജനമെന്ന് തോന്നുന്നു അതല്ല എന്തുകൊണ്ട് ഉപജനത്തിന് ശരീരം എന്നർത്ഥം പറഞ്ഞു സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടുണ്ടാകുന്നത് സ്ത്രീ പുരുഷയോരന്യോന്യോ ഉപഗമേന ജായത്തേക്ക് ഉപജന എന്നാണ് അത് എങ്ങനെ ആത്മഭാവിയേന സ്വരൂപത്തിൽ എങ്ങനെ പറയും സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീ പുരുഷസന്ധാനങ്ങളുണ്ടാകുന്നു പക്ഷിമൃഗാദികളിൽ നിന്നും പക്ഷിമൃഗാദി സന്താനങ്ങൾ ഉണ്ടാകുന്നു ആത്മസാമീപ്യന് തന്നെ പോലെ അല്ലെങ്കിൽ താൻ തന്നെ പിതാവൈ പുത്ര എന്നൊക്കെ പറയുള്ളു അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് ഉപജനം എന്ന് പറയുന്നത് ശരീരം തന്ന സ്മരൻ അതിനെ സ്മരിക്കാതെ ഇവിടെ തുര്യനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഇതെന്താ പറയുന്ന ഇവിടെ തത്വ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം ഇവിടെ പറയുന്നത് സ്വർഗത്തെക്കുറിച്ച് പിന്നെ ബ്രഹ്മലോകത്തെക്കുറിച്ച് അവിടെ പോയി അമൃതവും അപ്സരസും ഒക്കെ അനുഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു ഇതിലും നമ്മുടെ മനസ്സിൽ സംശയം ഭാഷകാരും വിശദീകരിക്കുന്നുണ്ട് തന്ന സ്മരൻ ശരീരത്തെ സ്മരിക്കാതെ തസ്മരണേ ഹി ശരീരത്തെ സ്മരിച്ചാൽ ദുഃഖം വരും ഇവിടെ അല്പം വിഷയം വിട്ട് ചർച്ച ചെയ്യുകയാണ് വീണ്ടും ഇതിലേക്ക് വരും ദുഃഖാത്മകത്വ തസ്യ ഈ ശരീരം ദുഃഖരൂപമാണ് എന്തൊക്കെ അഭ്യാസം ചെയ്ത് ശരീരത്തെ സ്വസ്ഥമാക്കിയാലും ശരീര നിമിത്തമായി ദുഃഖമുണ്ടാവും ശരീരത്തിലെ അഭിമാനം ഉള്ളിടത്തോളം കാണും ആധ്യാത്മികവും ആദ്യ ഭൗതികം ആദ്യ ദൈവികം മൂന്ന് ദുഃഖവും ശരീര നിമിത്തമായിട്ട് വരുന്നതാണ് ഉപാധി ശരീരമാണ് അതുകൊണ്ട് ശരീരത്തെ സ്മരിച്ചാൽ ദുഃഖത്തെ സ്വീകരിക്കേണ്ടി വരും ഇപ്പൊ ശരീരത്തെ സ്മരിക്കാതെ ദുഃഖത്തിന് ഹേതുവായിരിക്കുന്ന ഈ ശരീരത്തെ സ്മരിക്കാതെ സ്വർഗലോകത്തിലായാലും ശരി ബ്രഹ്മലോകത്തിലായാലും ശരി സുഖത്തെ അനുഭവിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് ഈ കാര്യം ഇനിയും വിശദീകരിക്കുന്നതിന്റെ ഇടയ്ക്കൊരു കാര്യം കടന്നു വരികയാണ് എന്താണോ നന്നു അനുഭൂതം ചെയ്യുന്ന സ്മരീത് അസർമഞ്ഞ ഇടയ്ക്കൊരു വിഷയത്തിലേക്ക് ഭാഷ്യകാരം കടന്നു വരികയാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലർക്കും സംശയമുണ്ടായിട്ടുള്ളതുമാണ് ഇന്നും സംശയം തീരാത്തതുമായിട്ടുള്ള വിഷയമാണ് അനുഭൂതം ചെസ്മരി അനുഭവിച്ച ഒരു കാര്യത്തെ സ്മരിക്കാതിരുന്നു കഴിഞ്ഞാൽ അസർവജ്ഞത്വം മുക്തസ് മുക്തന് അസർവജ്ഞത്വം സർവജ്ഞത്വമാണ് ഇവിടത്തെ വിഷയം സന്ദർഭിയുമായിട്ട് കടന്നു വന്നാണ് അവരോട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തെന്ന് പറഞ്ഞത് മുക്തൻ സർവജ്ഞനാണോ അല്ലയോ അതാണ് ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാര്ക്കും ഇതൊരു വിവാദമായിട്ട് തോന്നുന്നു മുക്തൻ സർവജ്ഞനാണോ അല്ലയോ ഹാഷികാരന്റെ ഒന്ന് എന്താണ് സർവജ്ഞത്വം മറ്റൊന്ന് നമ്മൾ ധരിക്കുന്ന സർവജ്ഞത്വം അത് മുക്തനിലുണ്ടോ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇല്ല എന്നുള്ളതാണ് സിദ്ധാന്തം ആദ്യമേ പറഞ്ഞു നമ്മൾ ധരിക്കുന്ന തരത്തിൽ സർവജ്ഞനല്ല മുക്തൻ മുക്തനിൽ അങ്ങനെ ഒരു സർവജ്ഞത്വം അസംഭവമാണെന്നാണ് ഇന്നുകൂടെയാണ് ഭാഷകാരമായ അദ്വൈത മതമനുസരിച്ച് ഇത് അദ്വൈത മതമനുസരിച്ചാണ് ഇനി ഏതെങ്കിലും ശാസ്ത്ര ശാഖകളിൽ ആരെങ്കിലും സർവജ്ഞന്മാരെന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനും എതിർക്കുന്നില്ല അദ്വൈതമതമനുസരിച്ച് പറയുകയാണ് സർവജ്ഞത്വം ഇല്ല ഇത് പറഞ്ഞുകൊണ്ട് ഇന്ന് എന്നെ കണ്ടാല് തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് മുഖത്ത് നോക്കാതെ ഞാൻ കിഴക്കെന്ന് വരികയാണെങ്കിൽ വടക്കോട്ട് നോക്കി നടക്കും കണ്ടില്ല എന്നുള്ള രീതി കാരണം അശ്രവജ്ഞനെന്ന് പറഞ്ഞു മുക്തനെ അശ്രവജ്ഞനെന്ന് പറഞ്ഞു വിവരദോഷി മുഖത്ത് നോക്കാൻ കൊള്ളത്തില്ല ഒരു ഇന്നും നൈഷദോഷ അങ്ങനെ ഒരു ദോഷമൊന്നുമില്ല ഭാഷകാരൻ പറയുന്നു അതായത് സർവജ്ഞനാകണമെങ്കിൽ എന്ത് വേണം ഒരു കാര്യം ബാക്കിയെല്ലാം പോട്ടെ ഒരു കാര്യം ജീവനെ കുറിച്ച് എന്താ പറയുന്നത് അദ്വൈതത്തിൽ അനാദി നീ എന്ന് പറയാൻ വയ്യ അത് നമ്മൾ പലതുകൊണ്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ അനാദിയായി അനാദി ശരീരങ്ങൾ സ്വീകരിച്ചു അനാദിയായി ശരീരങ്ങൾ സ്വീകരിച്ചെന്ന് വെച്ചാൽ അനന്ത ശരീരങ്ങൾ സ്വീകരിച്ചു ഓരോ ശരീരത്തിലും അനുഭവങ്ങളുണ്ടായി വീണ്ടും ആ ശരീരം ശരീരത്തിൽ വീണ്ടും ആ ശരീരത്തിൽ വന്നു നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും ഓ പൂർവ ജന്മത്തെക്കുറിച്ചൊരു സ്മരണ ഉണ്ടായെങ്കിൽ എത്ര രസകരമായിരിക്കും ഉടൻ ഉളമ്പാർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ആ സെക്കൻഡിൽ കാരണം എന്തുകൊണ്ട് ഈ അനന്തമായ ജന്മങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളെല്ലാം തലയ്ക്കകത്ത് യറി വന്നു കഴിഞ്ഞാൽ ബലൂണിൽ കാറ്റ് നിറച്ചതുപോലെ അവൻ തല പൊട്ടിപ്പോകും തല ചോറിന് താങ്ങാൻ കഴിയത്തില്ല ഓവർലോഡാവും പൊട്ടിത്തെറിയുണ്ടാവും ഇവിടെ സർവജ്ഞത് ഒരാൾ സർവജ്ഞനാകണമെങ്കിൽ ഒന്ന് വേണം എന്താണ് അനുഭവിച്ചതെല്ലാം ഓർക്കണം ഒന്നും മറക്കാൻ പാടില്ല ഒന്ന് ഒന്നിതാണ് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഓർത്തിരിക്കണു അപ്പൊ ശൈശവം മുതല് അമ്മിഞ്ഞ പാൽ മുതൽ അനുഭവിച്ച കാര്യങ്ങളുണ്ട് ഇന്നുവരെ ഇത് ഓർക്കുക തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി പൂർവ്വജന്മങ്ങളിൽ ജന്മാന്തരങ്ങളിൽ പശുവായും പക്ഷിയായും ദേവനായും അസുരനായും ഒക്കെ ഇതെല്ലാം ഓർക്കുക എന്ന് പറഞ്ഞു ഇത് ഓർത്തില്ലെങ്കിൽ ഒരാളെങ്ങനെ സർവജ്ഞനാകുമെന്നാണ് ചോദിക്കുന്നത് ചോദ്യം ശരി ഒരാൾ അനുഭവിച്ചതും മറന്നുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സർവജ്ഞനെന്ന് പറയുന്നു സർവറിയണമല്ലോ എന്നൊക്കെ സർവ്വം ഓർക്കണം അങ്ങനെ സർവജ്ഞനുണ്ട് ഇവിടെ പറയുന്നു ഉപാസകൻ അല്ലെങ്കിൽ ജ്ഞാനി ഉപജനം നസ്മരൻ ശരീരത്തെ സ്മരിക്കാതെ അവൻ തന്നെ ഇന്ദ്രനായിരിക്കുന്നു അവൻ തന്നെ ്രഹ്മദേവനായിരിക്കുന്നു എല്ലാം അവൻ തന്നെ ആയിരിക്കുന്നു അപ്പോൾ ഒന്ന് വിട്ടുപോയേ ശരീരബോധം വിട്ടുപോയി അപ്പോ സർവജ്ഞനല്ലോ ഒരു ശരീരത്തെ കുറിച്ചുള്ള അല്ല ഇതുവരെയുള്ള എല്ലാ ശരീരത്തെ കുറിച്ചുള്ള ബോധം ഇട്ട് ശരീര സംബന്ധിയായ കാര്യങ്ങളെല്ലാം വിട്ട് ഓ സർവജ്ഞനല്ലാതെ അനുഭവിച്ചത് മറന്നു കഴിഞ്ഞാൽ സർവജ്ഞനല്ലാന്നാണ് സർവജ്ഞനൊരിക്കലും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ മറന്നുപോയി ഓഹ് എന്തായിരുന്നു ഇന്നലെ പറഞ്ഞ് ഞാൻ മറന്നുപോയി ഇന്നലെ കണ്ടത് എന്താണ് മറന്നുപോയി ഇന്നലെ കേട്ടത് എന്താണ് അത് പറയാൻ പറഞ്ഞത് സർവജ്ഞനല്ല സർവജ്ഞനും മറവി വരാൻ പാടില്ല എന്ന് ചുരുക്കം അനുഭൂതം ചെയ്തേ അനുഭവിച്ചത് ഓർക്കാതിരുന്നു കഴിഞ്ഞാൽ അസർവജ്ഞത്വം മുക്ത മുക്തനെ അസർവജ്ഞൻ എന്ന് പറയേണ്ടി വരും സർവജ്ഞനല്ലാന്ന് പറയേണ്ടി വരും നീഷദോഷം എന്ന് പറഞ്ഞാൽ എന്താണോ മുക്ത സർവജ്ഞനല്ല എന്ന് പറയുന്നതിന് യാതൊരു ദോഷവും ഇല്ല അങ്ങനെ പറയുന്നതുകൊണ്ട് മുക്തനൊരു തകരാറും വരുന്നില്ല മുക്തി എന്താണ് മുക്തൻ എന്താണ് ഈ സ്വരൂപം മനസ്സിലാക്കാത്തുകൊണ്ടാണ് പറയുന്നത് സർവജ്ഞനാണ് മിഥ്യാജ്ഞാനാദിനാ ജനിതം തച്ച മിഥ്യാജ്ഞാനാദിവിദ്യ ഉച്ഛേദിതം അധ തന്ന അനുഭൂതമേ വേദി അസ്മരണേ സർവജ്ഞത്വാനി ീ സർവജ്ഞാനം സർവവിഷയജ്ഞാനം എന്ന് പറയുന്നത് എന്താ ലോകജ്ഞാനമല്ല ഈ ലോകജ്ഞാനം എങ്ങനെ ഉണ്ടായി ഈ ലൗകികജ്ഞാനം ഉണ്ടായി ഭക്ഷണം പറയുന്നത് ആ ജ്ഞാനം ഉണ്ടായത് അറിവില്ലായ്മ മിഥ്യാജ്ഞാനാദിനാ ജനിതം മിഥ്യാജ്ഞാനം കൊണ്ടാണ് ഉണ്ടായത് എന്നിവർ ഏന മിഥ്യാജ്ഞാനാദിനാ ജനിതം ഏതൊരു മിഥ്യാജ്ഞാനം കൊണ്ടാണോ ഈ നാനാത്വബോധം ഉണ്ടായത് സർവജ്ഞത എന്ന് പറയുന്നത് നാനാത്വബോധം ഈ ശരീരത്തെ ബോധം മുൻ ശരീരങ്ങളെ ബോധം അന്യ ശരീരങ്ങളെ ബോധം ഈ നാനാത്വബോധം എന്ന് പറയുന്നതിന് കാരണം മിഥ്യാജ്ഞാനമാണ് തച്ച മിഥ്യാജ്ഞാനാദി മിഥ്യാജ്ഞാനം പിന്നെ അതിൻ്റെ ഫലമായി വരുന്ന ബുദ്ധി സ്മൃതി എല്ലാത്തിനെയും എടുക്കാം അതുകൊണ്ട് എന്തെങ്കിലും സിദ്ധികളോന്നെങ്കിൽ അത് എല്ലാത്തിനെയും ചെയ്യും ആ മിഥ്യാജ്ഞാനവും മറ്റും വിദ്യയുച്ഛേദിതം മുക്തനു ജ്ഞാനം കൊണ്ട് ആ മിഥ്യാജ്ഞാനം നശിച്ചു കഴിഞ്ഞു അജ്ഞാനം ഹേതുവായിട്ടാണോ ന് അതുവരെ നാനാത്വ്ഞാനുണ്ടായിരുന്നു അതാണല്ലോ അനേക അനന്ത അനാദി ജന്മത്തെക്കുറിച്ചുള്ള അജ്ഞാനം അത് വിദ്യയെ ഉച്ഛേദിതം വിദ്യ കൊണ്ട് അജ്ഞാനം തന്നെ നശിച്ചു അതഹ തന്ന അനുഭൂതമേവാ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നില്ല സർവജ്ഞത്വം എന്ന് പറയുന്ന ഒന്നില്ല നാനാത്വജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ല അനുഭൂതമേവ എന്താ രജ്ഞാനം ഉണ്ടായതിനുശേഷം പറയുമോ അവിടെ സർപ്പം ഉണ്ടായിരുന്നു പോയി അത് പറയുന്നില്ലല്ലോ തൃക്കാലത്തിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല അതാണ് അതുപോലെ ഈ നാനാത്വ വിജ്ഞാനം അനുഭവിച്ചിട്ടേ ഇല്ലെന്നല്ല മുമ്പ് അനുഭവിച്ചില്ലാതായെന്നല്ലോ കേവലം അവിദ്യ കൊണ്ടുള്ള ഒരു പ്രതീതിയായിരുന്നു ജന്മങ്ങൾ ജന്മാന്തരങ്ങൾ ജനനം മരണം ഇതൊന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചതല്ല അജ്ഞാനം കൊണ്ട് പ്രതീതമായതാണ് എന്നറിയുന്ന ഒരുവന് അങ്ങനെ ഒന്നനുഭവിച്ചിട്ടേ ഇല്ല പരമാർത്ഥത്തിൽ ബോധ്യമുള്ള ഒരുവന് അസ്മരണി സർവജ്ഞ തുഹാനി ഈ നാനാത്വബോധത്തെ എപ്പോഴും ബുദ്ധിയിൽ കൊണ്ട് എന്ന് വിചാരിച്ച അസർവജ്ഞനാകുന്നില്ല അയാൾ സർവജ്ഞൻ തന്നെയാണ് എങ്ങനെ ആ സർവജ്ഞത്വമാണ് നേരത്തെ പറഞ്ഞത് അവിടെ ഇന്ദ്രനായിരുന്നു ബ്രഹ്മദേവനായിരുന്നു എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് താൻ തന്നെയാണ് ഇതാണ് സർവജ്ഞത്വം സർവജ്ഞത്വം ആത്മബോധം കേവലമായ ആത്മബോധം പ്രപഞ്ചബോധമല്ല അദ്വൈതത്തിന് ക്തൻ പ്രപഞ്ചബോധത്തോടുകൂടിയ സർവജ്ഞനാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ് അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കാത്തോണ്ട് പറയുന്നതാണ് ഇനി ഒരാൾ വാശിയോടുകൂടി പറയണം അങ്ങനെ അല്ല സർവജ്ഞത്വം ഉണ്ട് പല മഹാത്മാക്കളിലും നമ്മൾ കാണാറുണ്ട് അവരെന്താണ് ഭൂതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ പ്രവചിക്കാറുണ്ട് അത് പലപ്പോഴും ശരിയായി വരുന്ന കാണാറുണ്ട് അങ്ങനെയൊക്കെ ലോകത്തിൽ പ്രസിദ്ധമാണല്ലോ ശബ്ദപുരുഷന്മാരെ കുറിച്ച് അതിന്റെ സർവജ്ഞത്വം ഇല്ലെന്നങ്ങനെ പറയാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാകാം അതിന് ഇവിടെ നിഷേധിക്കുന്നില്ല ആരെങ്കിലും ഒരാൾ ഭൂതത്തെയോ ഭാവിയോ പ്രവചിച്ചു എന്ന് പറയുന്നതിനും നിഷേധിക്കുന്നില്ല ഇവിടെ പറയുന്നത് എന്താണ് അദ്വൈതത്തിൽ സർവജ്ഞത്വം അതാണിവിടെ പറയുന്നത് അത് പ്രപഞ്ചജ്ഞാനമല്ല കാലദേശ്ഞാനമല്ല ഭൂതഭാവിജ്ഞാനമല്ല അത് വളരെ വ്യക്തമായ ഭാഷാകാരം പറയുന്നു നഹ്യുന്മത്തേന ഗ്രഹഗ്രഹീതേനവായത് അനുഭൂതം തത് ഉന്മാദ്യ അപകമേവി സ്മർത്തവ്യം പറയുന്നു ഉന്മത്തൻ സമനില തെറ്റി നിർഭാഗ്യവശാൽ ഒരാളുടെ സമതല ഭ്രാന്തനായിപ്പോയി അയാൾ പലതും അനുഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ അയാൾ അനുഭവിച്ചു ഏതൊക്കെയോ ലോകത്ത് ജീവിച്ചു അദ്ദേഹം വേണീ ലോകത്തല്ലോ അതുപോലെ തന്നെ ഗ്രഹഗ്രഹീതൻ ഗ്രഹദോഷം ഗ്രഹം എന്ന് ബാധിക്കുന്ന ബാധ ൂതം പ്രേതം വിശാചൊക്കെ പിടികൂട്ടെന്ന് പറയുന്നു പ്രേതാത്മാവ് ആവേശിച്ചെന്ന് പറയുന്നത് അവർക്കൊക്കെ പല വിചിത്രമായ അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് നമ്മൾ കാണാറുണ്ട് അവർ പലതും പറയുന്നു പലതും പ്രവർത്തിക്കുന്നു അവർ പല അറിവുണ്ടെന്ന് അവർ വെളിപ്പെടുത്തുന്നു ഇതൊക്കെ ആ പ്രേതം ആവേശിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉന്മാദം പിടിപ്പെട്ടിരിക്കുമ്പോഴൊക്കെ അത് ഉള്ളത് തന്നെയാണ് അതല്ല എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സർവജ്ഞതയെന്നാണ് ഭാഷകാരം പറയുന്നത് ഭ്രാന്തന്റെ അനുഭവം പോലെ പ്രേത ബാധപ്പെട്ടവന്റെ അനുഭവം പോലെ എന്താ അതിന്റെ പ്രത്യേകത ഇതനുഭൂതം അനുഭവിച്ചവനെ കൊണ്ടുപോയി നല്ല ഷോക്കെല്ലാം കൊടുത്ത് നെല്ലിക്ക എത്തണമൊക്കെ വെച്ച് ശരിയാക്കി എടുത്തുകഴിഞ്ഞാൽ എന്ന നോർമലായി തത് ഉന്മാദ്യ അപകമേറ്റി ഉന്മാർ പോയി കഴിഞ്ഞു അവരുടെ അഭിഭ്രാന്തിയെല്ലാം നശിച്ചു സ്മർത്തുക അത് സ്മരിച്ചു കൊള്ളണം അതുവരെ ഉണ്ടായിരുന്നതെല്ലാം സ്മരിച്ചു കൊള്ളണമെന്ന് നിയമങ്ങളിലല്ലോ ഭാഷകാരം ചോദിക്കുകയാണ് സ്മരണാർഹമാണ് അത് സ്മരിച്ചൊരു അതുപോലെ അതിന്റെ അർത്ഥം അയാൾക്ക് ഭ്രാന്ത് മാറിയില്ലെന്നാണ് ഒരുവൻ ഭ്രാന്തനായിരുന്ന അവസരത്തിൽ അയാൾക്ക് ഉണ്ടായിരുന്ന ആ അനുഭവങ്ങൾ ഭ്രാന്ത് മാറിയതിന് ശേഷവും എല്ലാം വീണ്ടും സ്മരിക്കണം ഞാൻ ഭ്രാന്തനായിരുന്നു പങ്ങനായിരുന്നു ഇന്ദ്രനായിരുന്നു ചന്ദ്രനായിരുന്നു രാജാവായിരുന്നു എന്നൊക്കെ അയാൾ വീണ്ടും സ്മരിക്കണമെന്ന് നിയമമുണ്ടോ ഇല്ലല്ലോ ചിലപ്പോ ചില കാര്യങ്ങൾ സ്മരിച്ചതെന്ന് വരാം അപ്പോഴും ചില കാര്യങ്ങൾ അത് ആ ഭ്രാന്ത് മാറുന്നതിനനുസരിച്ചാണ് പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ ഒന്നും സ്മരിക്കത്തില്ല വീണ്ടും കുറെയാശയുണ്ടെങ്കിൽ കുറെശ്ശെ പഴയത് സ്മരിക്കും വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ പഴയ കാര്യങ്ങൾ പറയും ഈ ഗ്രഹ ഗ്രഹണത്തിലും അങ്ങനെ തന്നെ ബാധാവേശത്തിലും അങ്ങനെ തന്നെ പറയുന്നു അതൊക്കെ പിടിപെട്ടു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സ്മരിച്ചു കൊള്ളണം എന്ന് നിയമമില്ല അതുപോലെ അനേക ജന്മങ്ങളിൽ അനന്ത ജന്മങ്ങളിൽ ഒരുപാടൊക്കെ അനുഭവിച്ച് ആ അനുഭവങ്ങളെല്ലാം സ്മരിക്കുക സർവജ്ഞന കൂടി ഒന്ന് മറക്കാൻ പാടില്ല കഴിഞ്ഞ ഒരു ജന്മത്തിലെ പോലും ഓർക്കാൻ കഴിയില്ല ഒരു ജന്മത്തിലെ പോലും ഓർക്കാൻ കഴിയില്ല പിന്നെയാണോ ഈ അനന്ത ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന അവിവേകം നശിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം സ്മരിക്കുക അങ്ങനെ നിയമം എല്ലാം ഉണ്ടോ ചിലപ്പോ എന്തെങ്കിലും സ്മരിച്ചെന്ന് പറ സർവജ്ഞത്വം അതൊന്നുമല്ല അങ്ങനെ അറിഞ്ഞതെല്ലാം മറക്കാതിരിക്കുക അതൊന്നും സർവജ്ഞത്വല്ല ഓർമ്മശക്തി എന്ന് പറയും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ആത്മബോധം ഓർമ്മശക്തി ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ുമ്പോ പറഞ്ഞിട്ടുണ്ട് ഓർത്തു വയ്ക്കുന്ന കാര്യമില്ല സ്മൃതിയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നല്ല രണ്ടും രണ്ടാണ് സ്മൃതി ഒരാളെ നമുക്ക് പറയാം ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ ജന്മത്തിലെ സർവജ്ഞനാണ് ഒന്നും മറന്നിട്ടില്ല അനുഭവിച്ചു തന്നെ അറിയുന്നുണ്ട് ഇനി ഒരാൾ ചിലപ്പോൾ കൂടെ ജന്മങ്ങളും ഉറക്കാൻ കഴിഞ്ഞെന്ന് അവരെയൊക്കെ വേണമെങ്കിൽ സർവജ്ഞം ഒന്ന് വിളിക്കാം പക്ഷേ അദ്വൈതി അത് അംഗീകരിക്കത്തില്ല അദ്വൈതി പറയുന്നത് എന്താണോ ഉന്മത്തേന ഗ്രഹഗ്രഹീതേനോ വനുഭൂതം ഉന്മാബ്ദ്യപകേവി സ്മർത്തവ്യ സാധ്യ സംസാര അവിദ്യ ദോഷവത്ഭിർ അതുകൊണ്ട് അനുഭവിച്ചതിനെല്ലാം സ്മരിക്കണം സർവത്തെ സ്മരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊന്നുമില്ല ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ് സർവജ്ഞൻ എന്നൊക്കെ പറയുന്നതിന്റെ അദ്വൈതിയെ സംബന്ധിച്ച് എന്താണ് അതിന്റെ താല്പര്യം വേറെ ഒന്ന് മനസ്സിലാക്കണം എന്താണോ യോഗശാസ്ത്രത്തിലും മറ്റും അല്ലെങ്കിൽ തന്ത്രശാസ്ത്രങ്ങളിലും മറ്റും പ്രത്യേക സാധനങ്ങൾ ചെയ്താൽ അതിന്റെ ഫലമായി ചില സിദ്ധികൾ അണിമാതികൾ ഉണ്ടാകുമെന്ന് പറയുന്നു അതിനവിടെ നിഷേധിക്കുകയല്ലോ അത് മറ്റൊരു കാര്യം അതൊക്കെ ഉണ്ടാവാം പക്ഷെ സർവജ്ഞത്വം എന്ന് പറയുന്നത് മുക്തനിൽ കാണുമോ എന്നുള്ളതിന് സമാനം പറയണത് രണ്ടു രണ്ട് വിഷയങ്ങളാണ് രണ്ടിനും കൂടെ കൂട്ടിക്കൊഴിക്കുക ശിദ്ധികളൊന്നും ആർക്കും ഉണ്ടാകത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ ഉള്ള അവകാശമില്ല അതൊക്കെ ശാസ്ത്രം പറയും എന്നാണ് അത് സാധനങ്ങൾ ചെയ്തു നോക്കണം അത് ഉണ്ടാകുന്നതിന് ചെയ്താലും ഉണ്ടാകുമായിരിക്കാം ഞാനൊന്നും ചെയ്തു നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല ചെയ്ത നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാകും കണ്ഠകൂപേ ക്ഷത്തി പാസാന്ന് കൊടുത്തി വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകത്തില്ല സംയമം കണ്ഠത്തിൽ സംയമം ചെയ്താൽ മതിയെന്ന് യോഗശാസ്ത്രത്തിൽ പറയുന്നു ആർക്കെങ്കിലും അത് ചെയ്യാൻ ധൈര്യം ഈ ലോകത്ത് ആർക്കെങ്കിലും വിശപ്പിന്താഹം വേണ്ടെന്ന് ചോദിക്കാൻ ആരെങ്കിലും തയ്യാറാകും അതുകൊണ്ട് തന്നെ ആരും ചെയ്യാറില്ല ഇതൊരാർക്കും വിശപ്പുന്താഹും മാറിയതായിട്ടിട്ട് കാണാനും ഇല്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതികളെ കുറിച്ച് പറയാറുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റും നമ്മൾ ഇത് നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ടില്ലെന്ന് പറയാൻ കഴിയത്തില്ലോ അതല്ല ഇവിടെ അദ്വൈതി മുക്തൻ ആത്മബോധമുള്ളവൻ അവന്റെ സർവജ്ഞതയെ കുറിച്ച് പറഞ്ഞു ഇതിനെല്ലാം കൂടെ അവിടെ നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള സർവജ്ഞത്വം അല്ല അവിടെ പിന്നെന്താണത് സംസാരിഭി അവിദ്യ ദോഷവദ്ധി ഇത് അനുഭൂതിയതേ അജ്ഞന്മാര് സംസാരികൾ എന്ന് വെച്ചാൽ അവർ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ വർത്തമാനം ഭൂതം ഭാവി ട്ടത് സർവാത്മാനം അശരീരം മുക്തപുരുഷൻ അവൻ സർവാത്മാവായിരിക്കുന്നു ആ ശരീരിയായിരിക്കുന്നു ആ ശരീരത്തെ സ്മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തോട് താതാന്യപ്പെടുന്നില്ല തന്റെ ബോധം കൊണ്ട് അതാണ് സ്മരിക്കുന്നില്ല അജ്ഞനെപ്പോലെ ഞാൻ ശരീരമാണ് എന്നനുഭവിച്ചുകൊണ്ടല്ല അവൻ ഇരിക്കുന്നു അവന്റെ സർവാത്മഭാവത്തിൽ എന്താണ് ഇതൊന്നും സ്പർശിക്കുന്നില്ല അവിടെ ഇതൊന്നുമില്ല എന്തുകൊണ്ട് അവിദ്യ നിമിത്ത ഭാവാ ആ സർവജ്ഞത്വത്തിന് സർവവും അറിയുന്നതിന് പ്രപഞ്ചത്തെ അറിയുന്നതിന് പ്രപഞ്ചത്തിന്റെ ഈ നൂലാമാലകളെയൊക്കെ അറിയുന്നതിന് നിമിത്തമായിരിക്കുന്ന അവിദ്യ അവിടെ നശിച്ചിരിക്കുന്നു അവിദ്യ എന്ന് പറയുന്ന നിമിത്തം അവിടെ ഇല്ല നിമിത്ത ഭാവാ അവിദ്യ നിമിത്തം ഇല്ലാത്തതുകൊണ്ട് എന്നർത്ഥം അത് നേരത്തെ ഞാൻ പറഞ്ഞ സമാധാനം തന്നെ എന്താണ് ഈശ്വര പുരുഷന്മാര് അണിമാ ദേശ്വര്യങ്ങളുള്ളവര് അവർക്കുള്ള സർവജ്ഞത്വത്തെ നിഷേധിക്കുന്നില്ല അത് ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യത്തിനുള്ള സമാധാനം പറഞ്ഞു കഴിഞ്ഞു ആത്മബോധത്തിന്റെ സർവജ്ഞത്വം എന്ന് പറയുന്നത് ഇതാണ് എന്താണ് സർവാത്മാനം അശരീര ബ്രഹ്മസൂത്ര നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ജന്മാ ശാസ്ത്രയോനിത്വ ഈ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സർവജ്ഞനാണ് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തി അതിനെ നിഷേധിക്കുകയാണ് ഇവിടെ ആരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മുക്ത പുരുഷനെ കുറിച്ച് ഈശ്വരനുണ്ടോ ഇല്ലയോ ഈശ്വരൻ എന്ന് പറയുന്നതിന് എന്താണ് ജഗത് ഉപാദാനം ജഗത്തിന് കാരണമായിരിക്കുന്നതിനാരങ്ങളെ കുറിച്ച് അറിയുന്നവനാണ് ഇതൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിരിക്കുന്നു ആണ് പറയുന്നത് എല്ലാം കൂട്ടിക്കെട്ടെടുത്തി ഇവിടെ പറയുന്നത് മുക്തപുരുഷനെ സംബന്ധിച്ച് ഒരുവൻ തത്ത്വുമസി എന്നുള്ള ഉപദേശം കേട്ട് ആരാണ് മുക്തപുരുഷൻ ഗുരു തത്വമസി എന്നുള്ള ബോധം മനസ്സിലാക്കി താൻ സത്താണ് ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അതാണ് എന്നുള്ള ആജ്ഞാനം നശിച്ച് മുക്തനായിരിക്കുന്നു ആത്മബോധത്തോടു കൂടിയിരിക്കുന്നു അവന്റെ സർവജ്ഞത്വത്തെ കുറിച്ചാണ് കൂടെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംശയം വരും എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മറ്റ് ശാസ്ത്രങ്ങളിൽ ചർച്ച ചെയ്യുന്ന സിദ്ധികളെ നിഷേധിക്കാനോ ഈശ്വരന്റെ സർവജ്ഞതയോ നിഷേധിക്കാൻ വേണ്ടിയല്ല പറയുന്നു അങ്ങനെ ഒരാൾ ഉണ്ടായല്ലേ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കത്തുള്ളു അങ്ങനെ നിഷേധിക്കുന്നില്ല പറഞ്ഞല്ലോ ഈ എന്താണ് മനസ്സാക്കിയ ചിന്തി രചനാരൂപസ്യ ഓർമ്മകൾ മനസ്സ് കൊണ്ടുപോലും ചിന്തിക്കാൻ സാധ്യമല്ലാതിരിക്കുന്ന ഈ ജഗത്തിന്റെ സൃഷ്ടി ഈശ്വര ഈശ്വരൻ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് സംഭവിക്കത്തില്ല അതിന് വേറെ ആർക്കും അപ്പോൾ അത് ഈശ്വരന്റെ സർവജ്ഞത മുക്തൻ ഈശ്വരനല്ല ടത്തും പറഞ്ഞിട്ടില്ല മുക്തൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നത് ജീവൻ മുക്തൻ ഒരു ജീവൻ തന്നെ മുക്തനായിത്തീരുന്നു എന്നാ അവിടെ തത്വത്തിൽ എന്താണോ ഈശ്വര തത്വവും ജീവതത്വവും വേറെ എല്ലാ ഒന്ന് തത്വത്തിൽ അവിടെ ഭേദമില്ല അതടുത്ത് ഈ സന്ദർഭത്തിൽ തന്നെ ഭക്ഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു ആ ഈശ്വരൻ തന്നെ ഇവിടെ ഈ ശരീരത്തിൽ ബദ്ധനായിരിക്കുന്നു എന്തുകൊണ്ട് തത്വത്തിൽ രണ്ടും ഒന്നായതുകൊണ്ട് അങ്ങനെ പറയുന്നു അതേസമയം ആ ഈശ്വരൻ തന്നെ സദാമുക്തനായും അത് നമ്മൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഒരു ഈശ്വരനെ നമ്മൾ നിഷേധിച്ചിട്ടില്ല അദ്വൈതം നിഷേധിക്കുന്നില്ല ശങ്കരാചാര്യം നിഷേധിക്കുന്നില്ല അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇത്രയും പറയുന്നുള്ളന്താണ് തത്വത്തിലൊന്നാണ് അത് എന്താണ് ഈശ്വരൻ മാത്രമല്ല ജീവൻ മാത്രമല്ല ഈ ജഗത്തല്ല നാമരൂപാത്മകമായിരിക്കുന്ന സർവവും തത്വത്തിലൊന്നാണ് സൃഷ്ടിയും സ്രഷ്ടാവും ഒന്ന് തന്നെ അതൊക്കെ തത്വത്തിൽ പരമാർത്ഥത്തിൽ ഒന്നെന്ന് പറഞ്ഞു അതിനെ രണ്ടിനെ രണ്ടായി മനസ്സിലാക്കണം അതിന് വിരുദ്ധമായിട്ടല്ല പറയുന്നത് അതുകൊണ്ട് ഈശ്വരൻ സർവജ്ഞനായി തന്നെ ഇരിക്കുന്നു ജീവൻ അല്പജ്ഞനായി തന്നെ ഇരിക്കുന്നു ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ജീവൻ കർത്താവും ഭോക്താവുമായിരിക്കുന്നു ഇതെല്ലാം അദ്വൈത അദ്വൈതസമ്മതമായ കാര്യങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുക തന്നെ തത്വത്തിൽ ഒന്നായിരിക്കുന്നു എന്താ ഈശ്വരനാണോ മുക്തനാകുന്നു അല്ലല്ലോ ജീവൻ അജ്ഞാനത്തിന് അധീനനായിരിക്കുന്ന മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിദ്യാനിമിത്തഭാവ എന്തുകൊണ്ട് ആ മുക്തനില് അവിദ്യാനിമിത്തമല്ല അതുകൊണ്ട് മുക്തൻ സർവാത്മാവായിരിക്കുന്നു അതറിയുന്നു അറിവാണ് അജ്ഞാനത്തെ നശിപ്പിച്ചത് ഏത് ഉച്ഛിന്ന ദോഷി മൃദുദകശായ മനസാമ അവിധാന അനുഭൂതിയന്തേ വിദ്യ അഭിവ്യംഗ്യത്വ മുക്തേന സർവാത്മഭൂത സമ്പദ്ധ്യന്തേത്തി ആത്മജ്ഞാനസ്തുതയെ നിർദ്ദ്യന്തേ ഇവിടെ ഒരു സംശയം വരും ന്യായമായ സംശയം ഇങ്ങനെ വരുന്നത് ഒരാൾ തത്വമസി എന്നുള്ള ഉപദേശം കേട്ടു അടുജാനിയായി അങ്ങനെ ഞാനീ ആയിരുന്ന ഒരാള് സ്വർഗത്തിൽ പോയി അവിടത്തെ അപ്സരസുകളെയും ബ്രഹ്മലോകത്ത് പോയി അവിടത്തെ സ്വർഗ്ഗങ്ങളെയൊക്കെ അനുഭവിക്കുന്നു എന്താണ് ഈ പറയുന്നത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾക്കും വിഷയത്തിൽ മാറി സർവജ്ഞത്വത്തിലേക്ക് പോയി ഇപ്പം തിരിച്ച് വീണ്ടും വിഷയത്തിലേക്ക് വരിക ഈ സന്ദർഭത്തിൽ എന്തിനാണ് ഇത് പറയുന്നത് പറഞ്ഞാൽ സർവാത്മഭാവം അവിടെ ഇന്ദ്രന്റെ രൂപത്തിലിരുന്ന് അവിടുത്തെ അസുഖങ്ങൾ അനുഭവിക്കുന്നു ധർമ്മലോകത്തിലെ അസുഖം അനുഭവിക്കുന്നു അങ്ങനെ ഒരു സ്പൃഹയെ അയാൾക്കില്ലല്ലോ ഈ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ വേണ്ടിയല്ലോ ജ്ഞാനപ്രാപ്തിയിൽ അജ്ഞാനം നശിച്ചു മുക്തനായി പിന്നെ ആ വിഷയത്തെ ഇവിടെ കൊണ്ടുവരുന്ന എന്തെന്നാണ് ചോദ്യം അതിന് സമാനം പറയുന്നു ഏത് ഉച്ഛിന്ന ദോഷേ ഹി മൃദുദായേ ഹി ദോഷങ്ങളെല്ലാം നശിച്ചവർ കർമ്മം കൊണ്ടും ഉപാസന കൊണ്ടും മൃതകഷായ രാഗദ്വേഷ കഷായങ്ങൾ മനസ്സിനെ നിറംപിടിപ്പിക്കുന്നു അതുകൊണ്ടാണ് കഷായം എന്ന് പറയുന്നത് കഷായം എന്ന് പറയുന്നത് വെള്ളം വിവരണമാക്കുന്നതാണ് അതുപോലെ മനസ്സിനെ നിറം പിടിപ്പിക്കുന്ന രാഗദ്വേഷാദികൾ അതെല്ലാം നശിച്ചവർ എങ്ങനെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മ ഉപാസനകളിലൂടെ നിഷ്കാമ കർമ്മത്തിലൂടെ ഉപാസനകളിലൂടെ പോണം അങ്ങനെ പോയവർ മനസ്സാ സത്യാകാമാ അവർക്ക് സ്പൃഹ ഉണ്ടായിരുന്നു സത്യകാമങ്ങളെ പ്രാപിക്കണം എന്ന് അനടുത്ത അഭിദ്ാനാഹ മൂടുപടമില്ലാത്ത സത്യകാമങ്ങളെ അതെന്തായി സത്യകാമെന്ന് പറയുന്നു അങ്ങനെ സത്യലോകത്തിലെ കാമ ബ്രഹ്മലോകത്തിലെ കാമങ്ങളല്ല സത്യകാമങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് സങ്കല്പം കൊണ്ട് സങ്കല്പ ദൈവസമുത്തിഷ്ഠന്തി കാമാഹ എന്നെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള സങ്കല്പം കൊണ്ട് തന്നെ പ്രാപ്തമാകുന്നു അവിടെ അതെന്താ അതിന്റെ വിശേഷത അത് രാഗദ്വേഷങ്ങളുടെ ഫലമോ രാഗദ്വേഷങ്ങൾക്ക് കാരണവുമല്ല അതുകൊണ്ടാണ് പറയുന്നത് ഉച്ഛിന്ന ദോഷഹി മൃതകഷായഹി അത് കേവലം മാനസം ആണ് അനുവിധാന ഇതിനൊക്കെ കേവല ശാസ്ത്രപ്രമാണോ പല സന്ദർഭങ്ങളും തോന്നിട്ടുണ്ട് അവിടെ എന്ത് പിതൃലോകാമൻ ആണെങ്കിലും അത് വരുന്നു മാതൃലോക അത് വരുന്നു സസുർ ലോകകാമൻ ആണെങ്കിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ കേവല സങ്കല്പം കൊണ്ടുവരുന്നതും രാഗുദ്ദേശ ഫലം അല്ലാത്തതുമായ അത് ഇവിടെ ബ്രഹ്മലോകത്തിലും മറ്റും അനുഭവിക്കുന്നത് അനുഭവയന്തേ അനുഭവിക്കുന്നു ആരോഗ്യ ദോഷി അനുഭൂയന്തേ അതെങ്ങനെയാണ് പറയുന്നത് വിദ്യ അഭിവ്യംഗ്യത്വ വിദ്യുവെച്ചാൽ ഉപാസനം ഉപാസന അഭി വ്യവ്യഞ്ചിപ്പിക്കുന്നതാണ് ഉപാസനയുടെ ഫലമായി പ്രകടമാകുന്നതാണ് സത്യകാമങ്ങൾ സത്യകാമ സത്യസങ്കല്പരെ കുറിച്ച് പറയുന്നുണ്ട് ഇതുപാസകന്മാരെ കുറിച്ച് പറയുന്നു സത്യകാമനും സത്യസങ്കല്പനുമായി ഒരുവൻ മാറുന്നു അവന്റെ സങ്കല്പത്തിനനുസരിച്ച് സത്യകാമങ്ങൾ പ്രകടമാകുന്നു എന്നുള്ളത് അത് ഈ ലോകത്തിലെ കാമങ്ങളല്ല ബ്രഹ്മലോകത്തിലെ അപ്സരസ് അമൃത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സ്ത്രീയും മദ്യവും ഒന്നുമല്ല ഈ ലോകത്തിലെ ബുദ്ധിയോ ഈ ലൗകിക ബുദ്ധിയുള്ളവന് അതൊക്കെ അങ്ങനെയാണ് ധരിക്കും അതൊന്നുമല്ല അവിടെ അതെല്ലാം അലൗകികമാണ് ശ്രുതി അലൗകികമായ കാര്യങ്ങൾക്ക് പ്രമാണമായതുകൊണ്ട് ശ്രുതി അങ്ങനെ പറയുന്നു അതിന് ശ്രുതി പ്രമാണം മാത്രം അങ്ങനെ ഉണ്ട് എന്നാണ് കാമ ജന്യങ്ങളല്ലാത്ത ഭോഗ്യങ്ങൾ അതുണ്ട് അത് അനർത്ഥ അഭിധാന എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല അനദം കൊണ്ട് മൂടാത്തത് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും അനർദം കൊണ്ട് മൂടിയതാണ് മറ്റതങ്ങനെയല്ല അനുഭൂയൻതെ വിദ്യാഭിവ്യംഗത്വം അത് അവരുടെ ഉപാസനയുടെ ഫലമായിട്ടാണ് അതിനൂടെയൊക്കെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അവരോട് തെറ്റിദ്ധാരണ വരും വ്യാഖ്യാനങ്ങളിലൊക്കെ അവരോട് അബദ്ധങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെ ഇനി മുക്തന്റെ കാര്യം പറയും മുക്തേന സർവാത്മഭൂതേന സമ്പദ് സ്വർഗലോകത്തിലായാലും ബ്രഹ്മലോകത്തിലായാലും ഈഹ്യലോകത്തിലായാലും ജാഗ്രത്തിലായാലും സ്വപ്നത്തിലായാലും സൃഷ്ടിയിലായാലും ഔത്തമ പുരുഷൻ ഏകൻ തുരിയുന്ന ഒരാളാണ് അവപാസനവിടെ പോയി ഇതൊക്കെ അനുഭവിക്കുന്ന ഈ ലോകങ്ങളെല്ലാം വിമുക്സൻ താതാത്മ്യത്തിലിരിക്കുന്നു സർവതാതാത്മ്യത്തിൽ അവൻ സ്ഥിതി ചെയ്യുന്നു അവന് അതുപോലെ അവിടെ പോയി അനുഭവിക്കുന്നു എന്നല്ല തത്വബോധത്തിൽ അവന് നിന്ന് അന്യമായിട്ട് ഇതൊന്നുമില്ല അതുകൊണ്ട് അവന് ഈ സത്യകാമങ്ങളെക്കുറിച്ചുള്ള ഇച്ഛയില്ല സ്പൃഹയില്ല അതുകൊണ്ടവൻ ഉപാസന ചെയ്തില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അവന് തത്വബോധം ഉണ്ടായി അജ്ഞാനം നശിച്ചു അവൻ അതൊന്നും ചെയ്യാതെ കർമ്മവും ഉപാസനയും ഒന്നും ചെയ്യാതെ സർവാത്മഭാവത്തിലിരിക്കുന്നു സർവവും അവനെ തന്നെ സ്ഥിതി ചെയ്യുന്നു അത് ബോധം കൊണ്ട് തത്വജ്ഞാനം കൊണ്ടവനറിയുന്നു ബ്രഹ്മലോകത്തിൽ അവൻ അനുഭവിക്കുന്ന സുഖവും തന്നിൽ നിന്ന് അന്യമല്ല സ്വർഗലോകത്തിൽ അനുഭവിക്കുന്ന സുഖവും തന്നയമല്ല ഇഹലോകത്തിലെ കാമങ്ങളും തന്നമല്ല ആപൂരിയമാണ് അജല പ്രതിഷ്ഠം സമുദ്രമാപ്രവിശന് തദ്വത്ത് രീതിയിൽ ചർച്ച ചെയ്താണ് വിശദമായിട്ട് കാമായം പ്രവിശന്ധി സർവേ സർവകാമങ്ങളും ഏതൊരു വിനയിലാണോ പ്രവേശിച്ചിരിക്കുന്നത് അത് പറയുന്ന സർവതാദാത്മ ബോധം തന്നിലാണിത് സർവമെങ്കിൽ പിന്നെ താൻ എന്തിനാഗ്രഹിക്കണം താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ സ്പൃഹ അവിടെ സ്പൃഹ ഉണ്ടാകുന്നില്ല ശരി ഉപാസകനെ സംബന്ധിച്ച് അങ്ങനെ അയാൾ അവിടെ പോകുന്നു അയാൾ ആ ലോകത്തെ സാക്ഷാത്കരിക്കുന്നു അവിടെ അനുഭവിക്കുന്നു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒരിടത്തും പോകുന്നില്ല വരുന്നില്ല പക്ഷെ സർവാത്മഭാവത്തിലിരിക്കുന്നു ഈ ഉപാസകന്റെ ഈ കാര്യത്തെ എന്തിനാ വിട കൊണ്ടുവന്നു ം പറയുന്നു ആത്മജ്ഞാനസ്തുതയെ നിർദ്ദേശ നിർദ്ദേശം ആത്മജ്ഞാനത്തെ സ്തുതിക്കാൻ വേണ്ടി പറയും ഉപാസനയിലൂടെ പ്രാപിക്കുന്ന സത്യകാമങ്ങൾ സത്യസങ്കൽപ്പങ്ങൾ സത്യലോകം ഇവയെല്ലാം തന്നെ ആത്മജ്ഞാനിയുടെ ആത്മനിഷ്ഠയിൽ സർവാത്മഭാവത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു യാവാനർത്ഥ ഉത്തഭാനെ സർവതസമ്പള തോതകെ ആ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് കൂടുതൽ വ്യക്തമാകുന്നത് ബ്രാഹ്മണസ് വിജാനത ആ സർവ്വ ഫലങ്ങളും വിജാനത ബ്രാഹ്മണസ് തത്വജ്ഞനായ ആ ബ്രാഹ്മണന്റെ അനുഭവത്തിൽ എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു എന്ന് ഗീതയെ പറഞ്ഞത് ഗീതനെയാണ് അങ്ങനെ ശാന്തമ്യമായിട്ട് ഗീതയ്ക്ക് ഒരുപാട് സംബന്ധമുണ്ടെന്ന് പറയുന്നു ഇതിലെ ഒരുപാട് ഉപദേശങ്ങൾ ഈ ചാന്തുക്യത്തിൽ നിന്ന് പോയിട്ടുള്ളതാണ് ആത്മജ്ഞാനത്തിൽ ഒരാൾ എന്തിനാ അതിനെ സ്തുതിക്കുന്നത് അതിലൊരാൾക്ക് അഭിരുചി ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് കാരണം പരമാർത്ഥമല്ലാത്ത വിഷയങ്ങളിൽ ജീവന് സഹജമായ അഭിരുചിയുണ്ട് അതുകൊണ്ട് അവൻ അതിന് മുഴുകി കിടക്കണം അവനതിൽ മാറ്റണം പരമാർത്ഥത്തിൽ അതിനെ അതിന് അഭിരുചി ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് അവനെ സ്തുതിക്കുന്നു സ്തുതിക്കുമ്പോ കുറച്ച് അതിശയോക്തിയോടെ പറയും രാജാവ് ഇന്ദ്രൻ അല്ലെങ്കിലും രാജാവിനെ സ്തുതിക്കുന്നോ പറയും അങ്ങ് ഇന്ദ്രനാണ് അങ്ങ് ചന്ദ്രനാണ് ദേവാദിദേവനാണ് എന്നെല്ലാം പറയും അതൊന്നും അല്ല എന്ന് രാജാവിന് അറിയ എന്നാലും അവനെ സ്തുതിക്കും സ്തുതി പരമാർത്ഥമായിരിക്കുന്ന ആകാറുമില്ല അതുപോലെ ഇതിന്റെ അർത്ഥം മുക്തൻ ബ്രഹ്മലോകത്ത് പോയി അനുഭവിക്കും സത്യകാമങ്ങളും സത്യസങ്കല്പങ്ങളും അനുഭവിക്കുമെന്നുള്ള അല്ല അതാണ് പറയുന്നത് അത് സ്തുതിയാണോ എന്നാൽ മുക്തന്റെ നില അതിലെല്ലാം ഉപരിയാണോ എന്ന് മനസ്സിലാക്കിത്തരാൻ ഇങ്ങനെ മുക്തന്റെ ആ തത്ത്വബോധത്തിൽ വിജാനത ആ വിശേഷജ്ഞാനത്തിൽ അവനൻ ഇതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു രണ്ടിനെ ഇവിടെ സമന്വയിപ്പിക്കുകയാണ് വന്നിട്ടുണ്ട് പിത്രക്വചന ഭവന്തോവി ബ്രഹ്മണ്വന്ത സർവാത്മത്വ ബ്രഹ്മണ് പറയുന്നു ഉപാസകണ്ണിനി ബ്രഹ്മലോകത്തിലാവട്ടെ അല്ലെങ്കിൽ സ്വർഗ്ഗലോകത്തിലാകട്ടെ അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത ഏതെങ്കിലും ലോകത്തിലാകട്ടെ എവിടെ ആയാലും ശരി അവൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മൺ ബ്രഹ്മണ് അവൻ ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആരറിയുന്നു തത്വജ്ഞൻ ഗതാഗതം കാമ കാമാലഭന്തി ഗതാഗതം പോക്കു വരവെന്ന് പറയുന്നത് ഈ സ്പൃഹയുള്ളവനെ തത്വജ്ഞൻ അങ്ങനെ ഒരു പോക്കു വരവില്ല ഇതെല്ലാം തന്നിൽ തന്നെയാണ് സംഭവിക്കുന്നത് ഇന്ദ്രനും ചന്ദ്രനുമെല്ലാം എന്നും ബ്രഹ്മണ്യ വഹിത്യേ ലോകേ ഭൗന്തി ആലോകങ്ങൾ എന്നുവച്ചാൽ ഫലങ്ങൾ കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും ഫലങ്ങൾ തന്നിൽ തന്നെയാണ് എന്തുകൊണ്ട് സർവാത്മത്വ തൻ സർവാത്മാവാണ് ഇതാണ് തത്വജ്ഞന്റെ അനുഭവം അപ്പോൾ അദ്വൈതത്തിൽ സർവാത്മഭാവത്തെക്കുറിച്ച് പറയുമ്പോഴും അതൊഴുകെ ബാക്കി സർവത്തെയും നിഷേധിക്കുമ്പോഴും കർമ്മഫലം ഉപാസനാഫലം തുടങ്ങിയ തലങ്ങളെ അതാതിന്റെ തലത്തെ അംഗീകരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒഴിവാക്കി തരാൻ ശ്രമിക്കുന്നത് എന്താണോ എന്താണ് തത്ത്വജ്ഞാനം എന്താണ് മുക്തിയുടെ സ്വരൂപം അതാണ് അതിന് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടരുത് അതാതിന്റെ തലങ്ങളിൽ എല്ലാം ഉണ്ട് എല്ലാത്തിനും നിലനിൽപ്പുണ്ട് കർമ്മി കർമ്മിയുടെ തലത്തിൽ നിൽക്കുന്നു കർമ്മം നിലനിൽക്കുന്നു ചെയ്യുന്നു ഫലം അനുഭവിക്കുന്നു ഉപാസകൻ അവന്റെ തലത്തിൽ നിൽക്കുന്നു ഉപാസനം ചെയ്യുന്നു ഫലത്തെ അനുഭവിക്കുന്നു ഇതെല്ലാം ഉണ്ട് തത്വബോധം എന്താണ് മുക്തി എന്താണ് അദ്വൈത മതമനുസരിച്ച് അതാണ് വിവംശത്തിലൂടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ പറയുന്നിടത്ത് സംശയം വീണ്ടും ചിന്തിക്കുന്നവർ ഒരു പ്രധാന വിഷയത്തെയാണ് ഇവിടെ ബ്രഹ്മലോകത്തിലെ അസുഖത്തെക്കുറിച്ച് പറയുന്നു തത്വജ്ഞനെ കുറിച്ച് പറയും ഇത് രണ്ടും നിൽന്താണു ഈ തത്വജ്ഞനും മുക്തനും ബ്രഹ്മലോകത്തിൽ പോകുന്നുണ്ടോ പോകുന്നുണ്ടെങ്കിൽ അവന്റെ മറ്റും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വരുന്ന സംശയങ്ങൾക്കെന്നെ ഇവിടെ മറുപടി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ചില പ്രകടനങ്ങളിൽ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറയും എന്താണ് അയാൾ സുഖത്തെ അനുഭവിക്കുന്നു വലിയ സുഖത്തെ അനുഭവിക്കുന്നതെന്നും മറ്റും പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം അത് സ്തുതിപരമായി പറഞ്ഞിരിക്കുന്ന അർത്ഥവാദമാണോ അർത്ഥവാദവാക്യങ്ങൾക്ക് സ്വാർത്ഥത്തിൽ താല്പര്യമില്ല എന്ന് വൈദികന്മാർ സ്വീകരിച്ചിരിക്കുന്ന നിയമം നമ്മൾ കേൾക്കുന്ന അർത്ഥത്തെ എവിടെ എടുക്കരുത് ഇതങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പരമാർത്ഥത്തിൽ എന്താണോ ആ സർവാത്മഭാവം അല്ലെങ്കിൽ തത്വമസി അഹംബ്രഹ്മ സീതാനുഭവം ഇതല്ലാതെ മുക്തനിൽ വേറെ സർവജ്ഞത്വം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്